ണാമം രാമായണം ഇതിഹാസം ഭാഗവതം പുരാണം രാമായണമായാലും ഭാഗവതമായാലും അതായത് ഇതിഹാസമായാലും പുരാണമായാലും അവയ്ക്കൊക്കെ പ്രധാനമായി ഒരു ലക്ഷ്യമേയുള്ളൂ നിലനിൽപ്പിൻ്റെ ശാസ്ത്രീയമായ സത്യം വ്യക്തമായി വെളിപ്പെടുത്തുക എന്നിട്ടത് സാക്ഷാത്കരിച്ച് അനുഭവിക്കാനുള്ള മാർഗങ്ങൾ വിശദമായി ചർച്ച ചെയ്യുക സത്യമൊന്നേ ഉള്ളൂ മാർഗങ്ങൾ നിരവധിയാണ് എന്താണ് നിലനിൽപ്പിൻ്റെ ശാസ്ത്രീയമായ സത്യം ബ്രഹ്മ സത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ അനേന വേദ്യം സത് ശാസ്ത്രം ഇതി വേദാന്തടി മൂന്ന് കാര്യങ്ങൾ ഓർമ്മിക്കുക തൽക്കാലം അവ പൂർണമായി മനസ്സിലായില്ലെങ്കിലും ഇല്ലെങ്കിലും ഓർമ്മിക്കുക ബ്രഹ്മ സത്യം ബ്രഹ്മമാണ് നിലനിൽപ്പിന്റെ ശാസ്ത്രീയമായ സത്യം ജഗൻ മിഥ്യ അനേക കോടി നാമരൂപ ദൃശ്യങ്ങളായി കാണുന്ന പ്രപഞ്ചം മിഥ്യ ഇല്ലാത്തതാണ് ജീവോ ബ്രഹ്മയ്യവ ജീവൻ നമ്മുടെക്കുള്ളിൽ ഞാനുണ്ട് ഞാനുണ്ട് എന്ന് സദാ അനുഭവപ്പെടുന്ന ജീവൻ ബ്രഹ്മയ്യവ ബ്രഹ്മം തന്നെയാണ് ഇത്രയേ ഉള്ളൂ അനേനവേദ്യം സദ്ശാസ്ത്രം നിലനിൽപ്പിന്റെ ശാസ്ത്രം ഇത്രയും ഉള്ളു തീരുന്നു ഇതി വേദാന്ത ഇതാണ് ഉപനിഷത്തുക്കളുടെ പെരുംപരാഘോഷം അനാദികാലം മുതൽ പ്രചരിച്ചു വരുന്ന ഉപനിഷത്തുക്കളെന്ന ശാസ്ത്രഗ്രന്ഥങ്ങളുടെ ഇന്ന് വരെ ആ പെരുമ്പറഘോഷത്ത് ചോദ്യം ചെയ്യാൻ കരുത്തുള്ളവരാരും ഉണ്ടായിട്ടില്ല ഉണ്ടാകാൻ സാധ്യവുമല്ല ഇപ്പൊ മൂന്ന് കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മിക്കുക ഈ വാക്യം ഓർമ്മിച്ച് വെക്കുക ബ്രഹ്മസത്യം ജഗന് മിഥ്യ ജഗത്ത് ഇല്ല മിഥ്യ എന്ന് വെച്ചാൽ ഇല്ലാത്ത കാഴ്ച ജീവൻ ബ്രഹ്മം തന്നെയാണ് ഇത് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബോധം അത് ഓർമ്മിച്ച് വെക്കുക ബോധം ഉണ്ട് ഉണ്ട് എന്ന് അനുഭവമുള്ള ഒരേ ഒരു വസ്തു ഞാനുണ്ട് എന്ന് സ്വയം അതനുഭവിക്കുന്നു മറ്റെല്ലാം ഉണ്ടെന്നനുഭവിക്കുന്നു ഉണ്ണ അനുഭവരൂപമായ ഒരേ വസ്തു ബ്രഹ്മമാണ് അതുകൊണ്ട് തന്നെ ആ ബ്രഹ്മം സത്യം ഉണ്ട് എന്നനുഭവിക്കുന്ന വസ്തു ഇല്ലെങ്കിൽ മറ്റൊന്നുമില്ല ജഗത്തെന്ന് പറയുന്നത് ഈ ബ്രഹ്മത്തിൽ ഉണ്ടെന്ന് തോന്നി മറിഞ്ഞ് വീണ്ടും ഉണ്ടെന്ന് തോന്നി മറയുന്ന നാമരൂപങ്ങളാണ് ഒരു രൂപം ഒരു പേര് ബ്രഹ്മമെന്ന് പറയുന്ന ഈ ബോധം സർവത്ര നിറഞ്ഞു നിൽക്കുന്നു നിശ്ചലമാണ് ആനന്ദ സ്വരൂപമാണ് അതെങ്ങനെ അറിയാം ആകാശമായി കാണുന്ന ഈ സ്പേസ് സർവത്ര നിറഞ്ഞു നിൽക്കുന്നു നിശ്ചലമാണ് അങ്ങനെയുള്ള ആകാശത്തെപ്പോലും ഉള്ളതാക്കി തീർക്കുന്നതാണ് ഈ ബ്രഹ്മം അഥവാ ബോധം അപ്പോൾ അത് സർവത്ര നിറഞ്ഞു നിൽക്കാതെ സാധ്യമല്ല ആകാശത്തിന് തന്നെ ചലനം ഇല്ല അപ്പോൾ ബ്രഹ്മത്തിന് ചലനം ഉണ്ടാകാൻ പറ്റുന്നതല്ലല്ലോ അപ്പോൾ അത് സർവവ്യാപ്തമാണ് നിശ്ചലമാണ് പിന്നെ ആനന്ദസ്വരൂപവുമാണ് ഇതെങ്ങനെ അറിയാം ജീവോ ബ്രഹ്മയിവാ ജീവൻ ബ്രഹ്മമാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ ഞാനുണ്ട് ഞാനുണ്ട് എന്ന് ഈ ബ്രഹ്മം സദാ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇനി ഞാനിനെ ഒന്ന് മറ മാറ്റിത്തെളിക്കുക ഇത്ര വേണ്ടു ഭേദചിന്തകളും രാഗദ്വേഷങ്ങളുമാണ് മറ അവ അല്പമൊന്നു മാറിയാൽ തന്നെ ഞാൻ സ്വയം ആനന്ദസ്വരൂപമായ വസ്തുവാണ് എന്ന് അനുഭവിച്ചു തുടങ്ങും തുടർന്ന് ആ അനുഭവം പ്രബലപ്പെടുന്നതോടെ ഒരു ശരീരത്തിൽ മാത്രമല്ല ജഗത്തായി കാണപ്പെടുന്ന സകല ശരീരങ്ങളിലും സകല കാഴ്ചകളിലും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന ആനന്ദസ്വരൂപമായ വസ്തുവാണ് ഈ ബ്രഹ്മം എന്ന് തെളിയും ഇത്ര എളുപ്പമാണ് നമ്മുടെ ഉള്ളിലുള്ള വസ്തു ഇത് മനസ്സിലാകുന്നില്ല മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തൽക്കാലം മനസ്സിലാകുന്നില്ലെങ്കിൽ വേണ്ട ഞാനുണ്ട് എന്ന കാര്യം ആർക്കും നിഷേധിക്കാനൊക്കില്ലല്ലോ ഞാനുണ്ട് ആ ഞാനിനെ ഒന്ന് ശുദ്ധമാക്കിയാൽ പോരെ അതിലാർക്കും വയ്യാകും മാറ്റി ശുദ്ധമാക്കിയാൽ ആ ഞാൻ തന്നെ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ശുദ്ധ ബോധമായി ആർക്കും അനുഭവിക്കാറും അല്പമൊന്നും മറമാറ്റിയാൽ അതായത് ഭേദചിന്തയും രാഗദ്വേഷവും പോയാൽ അത്രയും അത്രയുമായി അത്രയും സുഖം ഇത് കാണുന്നില്ലല്ലോ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ബോധം അങ്ങനെ പറയുന്നവരോട് ഒന്നേ ചോദിക്കാനുള്ളൂ ആനന്ദം അനുഭവിക്കാറില്ലേ ആനന്ദമാണ് ബ്രഹ്മം വിജ്ഞാനം ആനന്ദം ബ്രഹ്മ ആനന്ദം അനുഭവിക്കാറുണ്ടെങ്കിൽ ഈ ആനന്ദത്തെ ആരെങ്കിലും കാണുന്നുണ്ടോ ആനന്ദത്തെ കാണാനൊക്കില്ലല്ലോ അതുകൊണ്ട് ആനന്ദം അനുഭവപ്പെടുന്നില്ല ഇല്ല എന്നാരെങ്കിലും പറയുമോ അതുപോലെ തന്നെ ആനന്ദമാണ് ബ്രഹ്മം അത് സ്വയം നമ്മുടെ ഉള്ളിലുണ്ട് അതിനെ മറന്നുപോയി അതിനെ മറന്നുപോയതാണ് അബദ്ധം വാശിഷ്ടം പറയും പോലെ കുച്ചകോടര സംസുപ്തം വിസ്മൃത്യ ജനനീസുതം രോതി പുത്രാർത്ഥം ഒരമ്മ തൻ്റെ മാറിവിടത്തിൽ ഉറങ്ങിക്കിടക്കുന്ന മകനെ മറന്നിട്ട് കുച്ചകോടര സംസുത്തം സംസുത്തം വിസ്മൃത്യ ജനനീസുത്തം ആ പുത്രനെ കാണാൻ വേണ്ടി നിലവിളിച്ച് നെഞ്ചത്തടിച്ച് കരയുകയാണ് നെഞ്ചത്തടിക്കുന്ന അടി കൊള്ളുന്നത് മകന്റെ മുതുകിലാണ് യഥാ രോലി പുത്രാർത്ഥം പുത്രനു വേണ്ടി കരയുന്നു തഥാ ആത്മാർത്ഥമയം ജന അതുപോലെയാണ് ആളുകൾ ഈ ആത്മാവിനു വേണ്ടി കരയുന്നത് ഞാൻ ഞാനെന്ന് ആത്മാവ് സദാ നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ആ ആത്മാവിനെ ഞാനിനെ വിസ്മരിച്ചു അന്വേഷിക്കുക സർവത്ര ആ പത്താമൻ്റെ കഥയുണ്ടല്ലോ പത്തുപേരും ഒരു യാത്ര ധരിച്ചു വഴിയിൽ ഒരു നദി കടക്കേണ്ടി വന്നു നീന്തി കടന്നു കരവറ്റി കഴിഞ്ഞിട്ട് അവർ നിരന്നു എണ്ണി നോക്കി പത്താം തന്നെ കാണാനില്ല ഈ പത്ത് പേരിൽ ഒരാൾ മാറി നിന്നിട്ട് മറ്റുള്ളവരെയൊക്കെ നിരത്തി നിരത്തി എണ്ണുകയാണ് എത്ര പേരവർ എണ്ണിയിട്ടുള്ളൂ ഒൻപത് പേരേ ഉള്ളു ഒടുവിൽ നടന്നു പോയ ഒരു വഴി യാത്രക്കാരൻ അവർ നിലവിളിച്ച് കരഞ്ഞു ഞങ്ങൾ പത്ത് പേര് ഇല്ലാതായിപ്പോയല്ലോ പഴയ പോയ ഒരു യാത്രക്കാരനും എന്തിനാണ് കരയുന്നത് ചോദിച്ചു അത് ഞങ്ങളിങ്ങനെ പത്തുപേർ വന്നതാണ് നദി താണ്ടി വന്നപ്പോൾ ഒരാളില്ല അദ്ദേഹം ചിരിച്ചു കൊണ്ട് ഈ എണ്ണി നിറത്തി എണ്ണി കാണിച്ചു പത്തുപേരെ ഇതുപോലെയാണ് നമ്മുടെ ഋഷിമാർ ബ്രഹ്മത്ത് നമുക്ക് കാട്ടിത്തന്നിരിക്കുന്നത് നിങ്ങൾ ബ്രഹ്മമാണ് ഒരു സംശയവും വേണ്ട ഓഹോ അപ്പോൾ നമ്മളൊക്കെ ബ്രഹ്മമാണോ അതെ നമ്മളൊക്കെ ബ്രഹ്മമാണോ അതിനെന്താ സംശയം എന്നല്ല അമീപ മുതൽ യാ ബ്രഹ്മാതി പിപീലികാന്തനുഷു പ്രോത്ത ഈ ബോധം ബ്രഹ്മാവ് മുതൽ പിപീലികാന്തനുഷു ഉറുമ്പ് വരെ അമീപകര് ശക്തിസ്പന്ദനം വരെയുള്ള എല്ലാറ്റിലും അകവും പുറവും നിറഞ്ഞ് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ സർവം ബ്രഹ്മമയം ഇവിടെ ബ്രഹ്മമല്ലാതെ രണ്ടാമതൊരു വസ്തുവുമില്ല പലത് കാണുന്നതും അതിൽ ഉണ്ടായി മറഞ്ഞ് വീണ്ടും ഉണ്ടായി മറയുന്ന കുറേ നാമരൂപങ്ങൾ നാമരൂപങ്ങൾ എത്ര എത്ര ഉണ്ടായി മറഞ്ഞാലും പുതിയ വസ്തു ഉണ്ടാകുന്നില്ല ഉപനിഷത്തിൻ്റെ പ്രസിദ്ധമായ ആ സ്വർണ്ണ ദൃഷ്ടാന്തം ഒന്ന് ഓർമ്മിക്കുക അനേകം ആഭരണങ്ങൾ നിരന്നിരിക്കുന്നു ഒറ്റക്കാഴ്ചയിൽ അനേകം വസ്തുക്കളുണ്ടെന്ന് തോന്നും അറിവുള്ളവരാൾക്കോ സ്വർണം മാത്രം പലത് കാണുന്നതോ കുറേ രൂപങ്ങൾ അതിന് കുറേ പേരുകൾ ആ രൂപങ്ങളും പേരുകളും മാറി വന്നുകൊണ്ടിരിക്കും ആ രൂപങ്ങൾക്കും പേരുകൾക്കും ഒരിക്കലും പുതിയ വസ്തുവിനെ ഉണ്ടാക്കാനേ സാധ്യമല്ല അപ്പോൾ എത്ര ആഭരണങ്ങൾ നിരന്നിരിക്കട്ടെ അറിവുള്ളവരാൾക്ക് കനകൈക മഹാബുദ്ധി സ്വർണം മാത്രം അതുപോലെ ഇവിടെ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാകട്ടെ ഒരേ ഒരു വസ്തു ബ്രഹ്മം അതായത് ബോധം ഇത് ശാസ്ത്രീയമായി ഉറപ്പിച്ചാൽ നമുക്കെന്ത് കണ്ടാലും ബോധമെന്ന് ഓർമ്മിച്ചുകൂടെ സൂര്യനെ കണ്ടു എന്താ സൂര്യൻ ബ്രഹ്മം അഥവാ ബോധം ഈ കാണുന്ന സൂര്യൻ ഒരു ഒരു രൂപം ഒരു പേര് അത് വരുമ്പോഴും വന്നു പോയിരിക്കുന്ന രൂപവും നാമവും പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് സർവം ബ്രഹ്മമായ ബ്രഹ്മം മാത്രമേ ഇവിടെയുള്ളൂ ഈശ്വരൻ മാത്രമേ ഉള്ളൂ അലംഘനീയമായ ശാസ്ത്രീയ സത്യമാണ് നമ്മളെന്തു വായിച്ചാലും പഠിച്ചാലും ശരി ഈ സത്യം ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ ആ വായനവും പഠിച്ചവുമൊക്കെ വ്യർത്ഥം എന്തുകൊണ്ടെന്നോ രാഗദ്വേഷങ്ങൾ മാറില്ല ഭേദചിന്ത മാറില്ല മരണവേളയിലും ദുഃഖം ദുഃഖം രാമശബ്ദമുച്ചത്തിൽ നിലവിളിച്ചാലും രാഗദ്വേഷങ്ങൾ ബാക്കി നിൽക്കുമെങ്കിൽ രാമൻ നമ്മെ എങ്ങനെ സുഖിപ്പിക്കും ഈ സത്യം ഓർമ്മിപ്പിക്കുകയാണ് അധ്യാത്മരാമായണത്തിൻ്റെയൊക്കെ പ്രധാന ജോലി അതുകൂടെ ഓർമ്മിച്ചൊള്ളുക അതുകൂടെ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് അധ്യാത്മരാമായണത്തിലേക്ക് തന്നെ കടക്കാം ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ രാമായണം വായിച്ചു വായിച്ച് കുറേശ് അതിനെ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ വായിച്ച് വിശദമായി ചർച്ച ചെയ്യും ഈ അടുത്ത ദിവസങ്ങളിൽ എഴുത്തച്ഛൻ വിശേഷിച്ചും പരമാദ്വീതിയായിരുന്ന ബ്രഹ്മജ്ഞാനം ഉറപ്പ് ഒരു മഹാകവിയായിരുന്നു അദ്ദേഹം അധ്യാത്മരാമായണം തർജ്ഞ ചെയ്യാൻ തിരഞ്ഞെടുത്തത് തന്നെ ഈ ബ്രഹ്മജ്ഞാനത്ത് കൂടുതൽ കൂടുതൽ ഉറപ്പിക്കാമല്ലോ ആളുകൾക്ക് വെളിപ്പെടുത്തി കൊടുക്കാമല്ലോ എന്ന ആഗ്രഹത്തോടു കൂടിയായിരുന്നു അദ്ദേഹം വിഷ്ണുദേവതാവുന്നനത്തോടുകൂടി രാമായണം ആരംഭിക്കുന്നു മുഴുവൻ നമുക്ക് വായിച്ചു പോകാൻ സമയമില്ലല്ലോ എഴുത്തച്ഛൻ പറയുന്നു എന്താ അധ്യാത്മരാമായണം അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യമിതധ്യാത്മരാമായണം മൃത്യുശാസനപ്രത്വം അധ്യാത്മപ്രദീപകം ആത്മസാക്ഷാത്കാരത്തിന് അത്യന്തം ഉപകരിക്കുന്നത് പ്രദീപകം പ്രകർഷേണ ദീപിപ്പിക്കുന്നത് പ്രകാശിപ്പിക്കുന്നത് ആത്മാവിന് നമ്മുടെ ഉള്ളിലുള്ള ഞാനിന് അത്യന്തം വ്യക്തമായി പ്രകാശിപ്പിക്കുന്നത് അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യം പ്രപഞ്ചത്തിൻ്റെ പരമകാരണം കാട്ടിത്തരുന്നത് അതാണ് രഹസ്യം എളുപ്പത്തിൽ എല്ലാവർക്കും അത് പിടികിട്ടതില്ല ആധുനിക ശാസ്ത്രവും മറ്റും ആയിരം ആയിരം കൊല്ലങ്ങളായി ഇരുട്ടിൽ തപ്പിത്തടയുന്നു ഒരു പിടിയും കിട്ടിയിട്ടില്ല ഒരു പിടിയും പുറമെ അന്വേഷിച്ചാൽ ഈ പരമരഹസ്യം അച്ചപ്രപഞ്ചത്തിൻ്റെ പരമ പരമകാരണം ഒരിക്കലും പിടികിട്ടുകയുമില്ല ഇതെഴുത്തച്ഛൻ പറയുകയാണ് രാമായണത്തെക്കുറിച്ച് അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യമീത് അധ്യാത്മരാമായണം മൃത്യുശാസനപ്രവരാമായ ആരാ ആരോടാ പറയുന്നത് സാക്ഷാൽ പരമശിവൻ തൻ്റെ പ്രിയപത്നിയായ പാർവതിയോട് പറയുന്നതാണ് ഈ രാമായണം ശരി ഇത് വായിക്കുന്നവർക്ക് എല്ലാ നന്മകളും വരും അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്തി ഈ ജന്മം കൊണ്ട് ഈ ജന്മത്തിൽ മുക്തി ഉണ്ടാകും എപ്പോഴാണ് മുക്തി ഉണ്ടാകുന്നത് പരമാത്മജ്ഞാനം ഉറപ്പുവരുമ്പോഴാണ് മുക്തി ഉണ്ടാകുന്നത് എന്നിട്ട് പരമശിവൻ പാർവതിക്ക് രാമായണതത്വം രാമതത്വം ഉപദേശിക്കുന്ന ഭാഗം അദ്ദേഹം വെളിപ്പെടുത്തുകയാണ് ഒരു ദിവസം കൈലാസാദ്രിയിൽ ഭഗവാനും ദേവിയും വിഷമിച്ച് ഇരുന്നരുള്ളുകയാണ് ദേവി ചോദിച്ചു ഭഗവൻ അങ്ങനെയുള്ള ഉപദേശം കൊണ്ട് ഞാൻ അത്യന്തം സംതൃപ്തയാണ് എനിക്കൊരുപാട് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു തന്നു പക്ഷേ എനിക്ക് ഈ ഒരാഗ്രഹം ബാക്കി നിൽക്കുന്നു അതൊക്കെ വായിച്ചു നോക്കിക്കൊള്ളുക എളുപ്പം മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗങ്ങൾ വിട്ടുപോകുന്നത് എനിക്ക് രാമതത്വം കേട്ടാൽ കൊള്ളാവുന്നുണ്ട് രാമൻ ആ രാമതത്വം അങ്ങ് വ്യക്തമായി എനിക്ക് പറഞ്ഞു തരുമോ ഭഗവാൻ പറഞ്ഞു പ്രിയേ വളരെ സന്തോഷം ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതീ ഭദ്രയേ നിന്നോ ഉള്ള ആർക്കുമില്ല ഭഗവത്ഭക്തിമാധയെ നിന്നെപ്പോലെ ആർക്കും ഭഗവത് ഭക്തിയില്ല രാമന്റെ ഈ പരമരഹസ്യമായ തത്വം കേൾക്കണമെന്ന് എന്നോട് മറ്റാരും ചോദിച്ചിട്ടില്ല മുന്നും എന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥെ എന്ന് വെച്ചാൽ ചോദിക്കാതെ ഈ പരമതത്വമൊക്കെ പറഞ്ഞുകൊടുക്കാൻ പോയാൽ അത് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാൻ ഇതേവരെ അതാർക്കും പറഞ്ഞു കേൾപ്പിച്ചിട്ടില്ല അത്യന്തം രഹസ്യമായുള്ള ഒരു പരമതത്വാർത്ഥം അറിയുകയിൽ ആഗ്രഹമുണ്ടായതും അത്യന്തം രഹസ്യമായ ഈ പരമതത്വം നിനക്കറിയാൻ ആഗ്രഹമുണ്ടായതിൽ ഞാൻ അത്യന്തം സന്തുഷ്ടനാണ് ഞാനത് ചുരുക്കി പറയാം ശ്രീരാമൻ ആര് എന്താ ഇത് ഓർമ്മിക്കുക ഇവിടെയൊക്കെ വല്ല അവ്യക്തതയുമുണ്ടോ ശ്രീരാമൻ പരമാത്മാ ബ്രഹ്മം ബ്രഹ്മത്തിന്റെ പര്യായമാണ് പരമാത്മാവ് ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി ആനന്ദമൂർത്തി ബ്രഹ്മത്തിൻ്റെ സ്വരൂപം ആനന്ദമാണ് നമുക്ക് ഈ ബ്രഹ്മസ്വരൂപം അല്പമൊന്ന് പിടികിട്ടിയാൽ ഇതൊക്കെ മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി ബ്രഹ്മത്തിൻ്റെ സ്വരൂപം ആനന്ദമാവും പുരുഷൻ സകല ശരീരങ്ങളിലും വസിക്കുന്നവനാണ് പൂരുഷ ശബ്ദത്തിനർത്ഥം സകല ശരീരങ്ങളിലും വസിക്കുന്നവൻ പ്രകൃതി തൻ കാരണം പ്രകൃതി മായ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന പ്രകൃതിയുടെ കാരണമാണ് ബ്രഹ്മത്തിൻ്റെ ശക്തിയാണ് പ്രകൃതി ഇത് കേട്ടാൽ ഉടൻ രണ്ടുണ്ട് ചിന്തിക്കരുത് ഹാ അപ്പൊ പുരുഷനും പ്രകൃതിയും രണ്ടുണ്ടല്ലേ ില്ലയില്ല പുരുഷ ശക്തിയാണ് പ്രകൃതി ശക്തിയും ശക്തനും ഒന്നാണ് അഗ്നിയും അഗ്നിയുടെ ചൂടും രണ്ടാകാൻ പറ്റുമോ ഒരിക്കലും സാധ്യമല്ല കാരണസ്യ കാരണത്തിൻ്റെ ആത്മാവ് സ്വരൂപം തന്നെയാണ് ശക്തി ശക്തിയുടെ സ്വരൂപമാണ് കാര്യം എന്ന് പറഞ്ഞാൽ പുരുഷൻ പ്രകൃതി രണ്ട് പേര് പറഞ്ഞു പോയി എന്ന് വെച്ച് ആ രണ്ടുണ്ട് ഇല്ലയില്ല ആദ്യം മുതൽ ഇത് ഉറപ്പിക്കുക ഇവിടെ ഒന്നേ ഉള്ളൂ അണു പോലും രണ്ടില്ല മനസ്സൈവേദമാത്തവ്യം നേഹനാനാസ്തി കിഞ്ചന ലേശം പോലും ഇവിടെ രണ്ടില്ല ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതി തൻ കാരണൻ ണ്ടോ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ രണ്ടുണ്ടെന്ന് ആരെങ്കിലും കരുതിയേക്കുമോ എന്ന് കരുതിയാണ് ഏകൻ ഒന്നേ ഉള്ളൂ രണ്ടില്ല പരൻ എല്ലാറ്റിനും അപ്പുറം നിൽക്കുന്ന പരമ കാരണം അതാണ് ശ്രീരാമൻ എവിടെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് അപ്പോ അല്ല എന്തായി പറയുന്നത് ശ്രീരാമൻ പരമാത്മാവോ അപ്പം ദശരഥൻ്റെ മകനായി ജനിച്ച ശ്രീരാമന് അതിനെന്താ ജനിക്കട്ടെ വാസ്തവത്തിൽ ശ്രീരാമൻ ദശരഥൻ്റെ മകനായി ജനിച്ചോ വരട്ടെ നമുക്ക് രാമായണം വായിച്ചുപോകാം കൗസല്യ പറയുന്നു അങ്ങൻ്റെ മകനായി ജനിച്ചിട്ടില്ല ഈ രാമായണത്തിൽ ഓഹോ അപ്പോഴെങ്ങനെയാ രാമൻ ശ്രീരാമൻ ദശരഥൻ്റെ മകനായത് ഒക്കായ തോന്നൽ മായക്കകത്താണ് ജനന മരണങ്ങളും അവതാരങ്ങളും ഒക്കെ മായയ്ക്കകത്താണ് മായയാണ് ജഗത്തിനെ നിർമ്മിക്കുന്നത് ജഗൻ മിഥ്യ ആ രണ്ടാമത്തെ സത്യം എന്തെല്ലാം രൂപങ്ങളോ നാമങ്ങളോ കാണട്ടെ മിഥ്യ ഇല്ല ശ്രീരാമനെ ഒരു നാമവും രൂപവും എന്താ ശ്രീരാമൻ ശ്രീരാമൻ ബ്രഹ്മം പിന്നെ ശ്രീരാമൻ എന്ന് പറയുന്നത് ഒരു രൂപം അതിനൊരു പേര് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നതോ ഒരു രൂപം ഒരു പേര് ശ്രീകൃഷ്ണനെ സ്തുതിക്കുമ്പോൾ ദേവകി പറയുന്നു അങ്ങ് ഒരിക്കലും എൻ്റെ മകനായി ജനിച്ചിട്ടില്ല ജനിക്കാൻ സാധ്യവുമല്ല വരട്ടെ അത് കൗസല്യാസ്തുതി വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമാക്കാം അപ്പോൾ സാറേ അങ്ങനെ ആയാൽ ഒരു ബുദ്ധിമുട്ട് വരുമല്ലോ ശ്രീരാമൻ ബ്രഹ്മം അത് നമ്മളൊക്കെ നമ്മളൊക്കെ ബ്രഹ്മം അപ്പം നമ്മളൊന്നും ജനിച്ചിട്ടില്ലേ സാർ ഇല്ലേയില്ല സംശയമേ വേണ്ട ജനിച്ചു എന്നൊരു ഭ്രവം ആരാ ജനിച്ചത് ഞാൻ ഞാൻ ബോധമാണ് ബോധത്തിന് ജനിക്കാനൊക്കെ ഇല്ല പിന്നെ ജനിച്ചതെന്താ ഒരു ജഡരൂപം ഉണ്ടെന്ന് തോന്നിച്ചു ആര് ഈ ബ്രഹ്മത്തിൻ്റെ രാമന്റെ ശക്തിയായ മായ ഇനി അത് പറയാൻ പോകുന്നു അവിടെയൊക്കെ വരട്ടെ നമുക്ക് കുറച്ചുകൂടെ വിസ്തരിച്ച് ചർച്ച ചെയ്യാം ഒന്നും പേടിക്കണ്ട ശ്രീരാമൻ ജനിച്ചില്ല നമ്മളുമാരും ജനിച്ചില്ല നിശ്ചയമാണ് ഇവിടെ ജനനവുമില്ല മരണവുമില്ല ജായത്തെയും മൃഗത്തയോ ആ കഥാചിത് ഇത് ആരുടെ ഗീതാസിദ്ധാന്തം അദ്ദേഹം പറയുന്നു ഒരിക്കലും ആരും ജനിക്കുന്നില്ല അർജുന ആരും മരിക്കുന്നുമില്ല അല്ല ഞാനോ നിങ്ങളോ പറയുന്ന കാര്യമല്ല ഇത് ന ജായത്തെയും പ്രിയതയോ ജനിക്കുന്നു മരിക്കുന്നു എന്ന തോന്നലുള്ള വാക്കുന്ന ഈ ജഗത്ത് മിഥ്യ ജഗൻ മിഥ്യ ബ്രഹ്മസത്യം ോധം സത്യം ആര് ജനിച്ചെന്ന് തോന്നിയാലും ശരി ആര് മരിച്ചെന്ന് തോന്നിയാലും ശരി വളയോ മാലയോ മോതിരമോ ജനിച്ചു എന്ന് തോന്നിയാലും ശരി മരിച്ചു എന്നു തോന്നിയാലും ശരി സ്വർണം ജനിച്ചിട്ടില്ല മരിച്ചിട്ടില്ല സ്വർണം വസ്തു അതിൽ വളയുടെ രൂപം പ്രത്യക്ഷപ്പെട്ടു വളയുടെ രൂപം ഇങ്ങനെ ആയിരമായിരം രൂപങ്ങൾ പ്രത്യക്ഷപ്പെടട്ടെ ട്ടെ സ്വർണം എന്നും സ്വർണം തന്നെ രാമനെപ്പോലെ അതൊക്കെ ഈ രാമായണം നേരെ വായിച്ചു പഠിക്കണം ഇതൊക്കെ ഒരു ആവർത്തനം വരുന്നു സീതാദേവി ശ്രീരാമനോട് പറയുകയാണ് അലയോ മാധ അങ്ങ് കാട്ടിപ്പോകുന്നു എന്നെക്കൂടെ കൊണ്ടുപോയേ പറ്റൂ എന്തുകൊണ്ട് ഇന്നുവരെ അങ്ങ് കാട്ടിപ്പോയപ്പോഴൊക്കെ എന്നെക്കൂടെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുപറഞ്ഞ ഞാൻ പല പല രാമായണങ്ങൾ വായിച്ചിട്ടുള്ള എന്നെ കൂടാതെ ജാനകിയോടു കൂടാതെ രഘുവരൻ രാമായണങ്ങൾ പലവും കവിവരൻ ആമോദമോട് പറഞ്ഞ് കേൾക്കുണ്ട് ഞാൻ സീത പറയുകയാണ് ജാനകിയോടു കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്ന് പോയിട്ടുള്ളൂ അതുകൊണ്ട് ഇപ്പോഴും എന്നെ കൂടാതെ അങ്ങ് കൊണ്ടുപോയേ തീരുമു എന്തിനിതൊക്കെ പറയുന്നു നമ്മൾ തന്നെ ജനിച്ചു മരിക്കുന്നു ജനിക്കുന്നു ഈ നിലവിളിയല്ലേ നേരമെളുത്താൽ ഇരുട്ടുന്നത് വരെ ആരെങ്കിലുമൊക്കെ മരിച്ചു തോന്നുന്നു നമുക്ക് ചെയ്യാവുന്നത് ചെയ്യുക വേറെ ആർക്കെന്താ ഇവിടെ കഴിയുക ഇതൊരു വലിയ ഭ്രമം ഇന്ന് വരെ ഇതിൻ്റെ രഹസ്യം പുറത്തുനിന്ന് നോക്കി ആർക്കും പിടികിട്ടിയിട്ടില്ല എന്തുകൊണ്ട് പിടികിട്ടിട്ടില്ല ഇത് സംഭവിക്കുന്നില്ല മരുഭൂമിയിലെ കാനൽ ജലത്തിൻ്റെ രഹസ്യം ജന്മജന്മാന്തരങ്ങൾ ദൂരനിന്ന് അന്വേഷിച്ചാലും പിടികിട്ടില്ല കാരണം മരുഭൂമിയിൽ കാനൽ ജലം ഒരു തുള്ളിവെള്ളം പോലും ഇന്നുവരെ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലാത്ത വെള്ളം എവിടുന്നുണ്ടായി എന്നാണ് അന്വേഷണം എങ്ങനെയാണ് പിടികിട്ടുക ധൈര്യമുണ്ടെങ്കിൽ മരുഭൂമിക്കകത്തേക്ക് കയറിച്ചെല്ലുക വെള്ളമെങ്ങും പോയി പോയി ഇല്ലാതായി മരുഭൂമി മാത്രം ഇപ്പം വെള്ളമായി കണ്ടതോ മരുഭൂമി തന്നെ മരുഭൂമിയെ തന്നെ വെള്ളമായി തെറ്റിദ്ധരിച്ച് കണ്ടു ബ്രഹ്മത്തെ തന്നെ ജനിച്ചു മരിക്കുന്ന പ്രപഞ്ച ദൃശ്യങ്ങളായി തെറ്റിദ്ധരിച്ച് കാണുന്നു അതാണ് മായ മരുഭൂമിയുടെ മായാശക്തി ഉണ്ടാക്കിത്തീർക്കുന്ന ഒരു ഭ്രമം മാത്രം രാമായണം വായിച്ച് നമ്മളാരും ജനിക്കുന്നില്ല ജനിച്ചിട്ടില്ല ഇനി ജനിക്കുകയുമില്ല നമ്മളൊക്കെ സനാതനമായ ആ സത്യം ആനന്ദസ്വരൂപം മരുഭൂമിയിലേക്ക് കയറി ചെല്ലുന്നത് പോലെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ആ ഞാനിനെ ഗംഭീരമായി പിടിച്ചു ഒന്ന് വിശകലനം ചെയ്യൂ രാഗദ്വേഷങ്ങളെ ഒന്ന് മാറ്റി നോക്കൂ രാമായണമൊക്കെ വായിച്ച് ഭേദചിന്തകൾ അകറ്റി നോക്കൂ ആ ഞാൻ ജനിക്കുന്നവനല്ല നിറഞ്ഞു നിൽക്കുന്ന ബോധം ചലനമില്ല എവിടെ ജനിക്കാൻ ജനിച്ചതായി തോന്നുന്നതൊക്കെ ഭണം ജഗൻ മിഥ്യ പറഞ്ഞ് തള്ളിക്കളയരുത് തിഗന് മിഥ്യ എന്ന് പറഞ്ഞു എന്ന് വെച്ച് അവനും എൻ്റെ കൃത്യം ചെയ്യേണ്ടെന്നോ ഒന്നുമല്ല ചെയ്യാതിരിക്കാനൊക്കില്ല മായ ബലാൽ പിടിച്ച് ചെയ്യിപ്പിക്കുന്നു എന്നാണ് കൃഷ്ണൻ പറയുന്നത് അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കവെ തന്നെ ഈ ഭേദചിന്തകളകറ്റി രാഗദ്വേഷങ്ങളും അകറ്റി അവനവന് ഒന്ന് ശുദ്ധീകരിക്കാൻ കൂടി ശ്രമിച്ചു നോക്കുക അതിനോട് രാമായണം അതുകൊണ്ട് അത്യന്തം രഹസ്യമായുള്ള ഒരു പരമാത്മതത്വാർത്ഥം അറിയാൻ പരമശിവൻ പറയുകയാണ് ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ഈത പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്ന ഉത്തമപുരുഷൻ യോ ലോകത്രേമാവിശ്യ വിഭർത്തി അവ്യയ ഈശ്വര മൂന്ന് ലോകത്തിനും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന ബോധം അവ്യയ ഒരിക്കലും ഒരു കുറവും വരാത്ത പുരുഷോത്തമൻ ശ്രീരാമൻ പരമാത്മാപരമാനന്ദൻ മൂർത്തി പുരുഷൻ പ്രകൃതി തൻകാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവൻ അനന്തൻ ആദിനാഥൻ അനന്തൻ അന്തമില്ലാത്തവൻ ആദ്യമേ ഉണ്ടായിരുന്നയാൾ സദൈവ സൗമ്യ ഇതമഗ്ര ആസീത് ഉപനിഷത്ത് പറയുന്നത് കുഞ്ഞേൻ ഉണ്മ അനുഭവമായുള്ള ബോധം മാത്രമേ ഇവിടെ ആദ്യമുണ്ടായിരുന്നുള്ളൂ ആ ആദി പുരുഷൻ ജഗോദ്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ ഈ മായാമയമായ പ്രപഞ്ചം ഉണ്ടെന്ന് തോന്നിപ്പിച്ച് അതാണ് ഉത്പത്തി നിലനിർത്തി നിലനിൽക്കുന്നതായി തോന്നിപ്പിച്ച സ്ഥിതി പ്രളയം ഇല്ലാതാക്കി വീണ്ടും ്രഹ്മാവ് തുടങ്ങിയ സകലത്തും ആവർത്തനം ഒരു ക്യാൻവാസിലെ പടം ആവർത്തിക്കുന്നത് പോലെ ആ ബ്രഹ്മഭുവനാൽ ലോകാൽ പുനരാവർത്തിനോ അർജുന ആ ഗീതാഗത്വമൊക്കെയാണ് ഈ രാമായണത്തിൽ ഗംഭീരമായി വിവരിക്കുന്നത് അങ്ങനെ ജഗതുദ്ഭവസ്ഥിതി പ്രളയകർത്താവായ ജഗത്തിൻ്റെ ഉദ്ഭവം നിലനിൽപ്പ് പ്രളയം ഇവയൊക്കെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഭഗവാൻ വിരിഞ്ചനാരായണ ശിവാത്മകൻ ഒരേ ഒരു ബ്രഹ്മം തന്നെ ബ്രഹ്മാവായി പ്രത്യക്ഷപ്പെടുന്നു ശിവനായി പ്രത്യക്ഷപ്പെടുന്നു വിഷ്ണുവായി സ്ഥിതി രക്ഷ നടത്താൻ വിഷ്ണുവായി പ്രത്യക്ഷപ്പെടുന്നു വെറും മായ ബ്രഹ്മാവിൻ്റെ പ്രത്യക്ഷപ്പെടൽ മായ വിഷ്ണു നാരദന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നാരദിനോട് പറയുകയാണ് എടോ നാരദ എൻ്റെ ഈ രൂപം സത്യമാണെന്ന് കരുതരുത് ഇതിപ്പം നാലു കൈയും ശംഖചക്രവും വനമാലയും പീതാംബരവും അലയോ നാരദ മായാ ഹേഷാമയ സൃഷ്ട വെറും മായ ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ വിഷ്ണുവില്ല വാസ്തവത്തിൽ ഇതൊന്നറിഞ്ഞെങ്കിൽ ഇന്നീ മതകോലാഹലങ്ങളും തമ്മിലടിയും എന്നേ അവസാനിക്കുമായിരുന്നു പക്ഷേ ഈ പരമതത്വമാർക്കും വേണ്ട ഇവിടെ ബ്രഹ്മമല്ലാതെ മറ്റൊരീശ്വരനുമില്ല മറ്റെല്ലാ ഈശ്വരന്മാരും സങ്കല്പ സൃഷ്ടികൾ അതിൻ്റെ പേരിലാണ് മനുഷ്യൻ തമ്മിലടിക്കുന്നത് അത് നടക്കും മായ മായ അത് അവസാനിപ്പിക്കുമോ അതൊന്നും ഒരിക്കലും മായ അവസാനിപ്പിക്കില്ല ജഗതുദ്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ചനാരായണ ശിവാത്മകൻ ഒക്കെ ബ്രഹ്മം മാത്രം വേറെ ബ്രഹ്മാവോ വിഷ്ണുവോ ആരുമില്ല അദ്വയൻ ഭഗവാൻ പറയുകയാണേ അദ്വയൻ ആദ്യൻ അതൊക്കെ ഇനി കൂടുതൽ വിസ്തരിക്കണ്ടല്ലോ അദ്വയൻ ആദ്യൻ അജൻ ജനിക്കാത്തവൻ എവിടെ ജനിക്കാത്തവനാണെങ്കിൽ പിന്നെ എങ്ങനെ രാമനായി ജനിച്ചു ജനിക്കാത്ത ബ്രഹ്മം രാമനായി ജനിച്ചെങ്കിൽ ആ ജനിക്കൽ വെറും ഒരു ഇന്ദ്രജാലം തീർച്ചയല്ലേ ജനിക്കാത്ത ബ്രഹ്മം എന്തായാലും രാമൻ ബ്രഹ്മമാണ് രാമൻ ബ്രഹ്മമാണ് അജനാണ് ജനിക്കാത്തവനാണ് എന്നാൽ പിന്നെ രാമൻ ദശരഥപുത്രനായി ജനിച്ചത് വേറൊരു ഭ്രമം ദശരഥൻ ഭ്രമം രാമൻ ജനിച്ചു എന്നുള്ളത് അതിനേക്കാൾ വലിയ ഭ്രമം അദ്വയൻ അനാദ്യ അജൻ ആദിയില്ലാത്തവൻ അജൻ ജനിക്കാത്തവൻ അവ്യയൻ ഒരു കുറവും വരാത്തവൻ ആത്മാരാമൻ സ്വയം രമിക്കുന്ന ആനന്ദസ്വരൂപൻ തത്വാത്മാ തത്വം ബോധം ബോധസ്വരൂപൻ സച്ചിന്മയൻ ഉണ്ടോ സച്ചിദാനന്ദം സത്ത് ഉണ്മ ചിത്ത് ബോധം ഉണ്മ സ്വരൂപമായിട്ടുള്ള ബോധമാണ് രാമൻ സച്ചിന്മയൻ സകലാത്മകൻ ഈ പ്രപഞ്ചമൊക്കെയായി കാണുന്ന വസ്തു അപ്പോ രാമനെ ഭജിക്കാൻ ഒരു വിരോധവുമില്ല രാമനാണ് രാമമയം ജഗത്ത് ബ്രഹ്മമയം ജഗത്ത് സകലതും രാമൻ എന്താ സകലാത്മകൻ ഈശൻ എന്നിട്ട് മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാ തമത്സംവൃതം ആകയാലേ മാനുഷനെന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായ തമസ്സംവൃതം ആകയാളേ ഈ ഭഗവാനെ മനുഷ്യനെന്ന് കൽപ്പിക്കുന്നവർ അജ്ഞാനികളാണ് കൃഷ്ണനും ഇത് തന്നല്ലേ പറയുന്നത് അവജാനന്തിമം മൂഢാഹ മാനുഷിൻ തനുമാശ്രിതം ഗീത ഒൻപതാം അധ്യായം പതിനൊന്നാം ശ്ലോകം ഞാൻ ചോദിക്കട്ടെ നമ്മളൊക്കെ ശ്രീരാമനെ മനുഷ്യനെന്ന് കരുതി അഥവാ ശ്രീകൃഷ്ണനെ മനുഷ്യനെന്ന് കരുതി മൂഢരായ അജ്ഞാനികളായി തുടർന്നു പോകാനാണോ ആഗ്രഹിക്കുന്നത് അങ്ങനെ കരുതുന്നവർ മൂഢരാണ് അജ്ഞാനികളാണ് എന്നിതാ പരമശിവൻ പാർവതിയോട് പറയുന്നു കൃഷ്ണൻ ഗീതയിൽ നമ്മോടൊക്കെ പറയുന്നു അവജാനന്തിമം മൂഢാഹ മാനുഷിം തനുമാശ്രിത്തം മനുഷ്യനൊന്നു കൽപ്പിച്ചിടുവോ ഒരജ്ഞാനികൾ മാനസം മായാ തമസ്സംവൃദ്ധമാകയാൽ എന്താ അവരുടെ മനസ്സ് മായയുടെ ഇരുട്ടുകൊണ്ട് മൂടിപ്പോയി പ്രിയെ പാർവതി മായയുടെ ഇരുട്ടുകൊണ്ട് മൂടിപ്പോയി നിനക്കെങ്കിലും ഇപ്പോൾ ആ സത്യം പറയണമെന്ന് ആഗ്രഹം തോന്നിയല്ലോ എനിക്കത്യധികം സന്തോഷമുണ്ട് മാനുഷനെന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാത്ത സംവൃതമാകയാൽ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ മറക്കാതെ ഓർമ്മിക്കുക സകലതും ഈശ്വരമയം ഭഗവാൻ ഈശാവാസവിധം സർവം ഈശ്വരനല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല മറ്റെന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ അതുണ്ട് എന്നതിനൊരു യുക്തിയുമില്ല കാണുന്നത് കൊണ്ടുണ്ട് അത് സ്വപ്നത്തിൽ എന്തെല്ലാമോ കാണുന്നില്ലേ മരുഭൂമിയിൽ കാനൽ ജലം കാണുന്നില്ലേ അത് കൊണ്ടെന്ന് കരുതാമോ കൊണ്ടായതിന് യുക്തിയുണ്ടോ അതാണ് പ്രശ്നം സീതാരാഘവ മരുസൂന സംവാദം ഓ മാനുഷനെന്ന് കൽപ്പിച്ചിടുവോ ഒരജ്ഞാനികൾ മാനസമായ ആ തമസ്സം പാർവതി ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ഇത് പറയുന്നു എന്ന് നീ കരുതണ്ട ഇത് കുറേ കൂടെ വ്യക്തമാക്കി തരാൻ ഞാൻ സീതാരാഘവ മരുസൂനു സംവാദം സീതയും ശ്രീരാമനും ഹനുമാനുമായി ഒരു സംവാദം നടന്നു അത് ഞാൻ പറയാം കഥ ചുരുക്കി പറഞ്ഞു ശ്രീരാമൻ രാവണവധമൊക്കെ കഴിഞ്ഞ് അയോധ്യയിലെത്തി അഭിഷേകമൊക്കെ കഴിഞ്ഞു വിഭീഷണനും ഒക്കെയായി സന്തുഷ്ടനായിരിക്കുകയാണ് സീത അരികിലുണ്ട് ഹനുമാൻ ഭക്തിപരവശനായി കാൽക്കൽ നി ഹനുമാനെ നോക്കണേ ഇവിടെ എല്ലാവർക്കും ഭക്തിമതി ഭക്തിയേ ശി ജ്ഞാനം എന്താ ഈ ജ്ഞാനം പരാഭക്തിയും ബ്രഹ്മജ്ഞാനവും ഒന്ന് പരാഭക്തിയാണ് ബ്രഹ്മജ്ഞാനും എല്ലായിടത്തും ഈശ്വരനെ കാണുന്നതാണ് പരാഭക്തി കൃഷ്ണൻ ഗീതയിൽ ഇത് തീർത്തു പറയുന്നു ആ ശ്ലോകമൊന്നും ഞാനിപ്പോൾ ഉദ്ധരിക്കുന്നില്ല അതിനൊന്നും നമുക്ക് സമയമില്ല നോക്കി ഇവിടെ രാമായണം ഇടയ്ക്കിടയ്ക്ക് ഗീത പറയുന്നത് ഗീതയും രാമായണവും ഒക്കെ ഒന്ന് എന്തായാലും ശ്രീരാമനുണ്ട് അരികിൽ സീതാദേവി ഹനുമാൻ ഭക്തിപരവശനായി കാൽക്കൽ നിപ്പുണ്ട് അപ്പോ വന്നിച്ചു നിൽക്കുന്നൊരു ഭക്തനാ ജഗത്പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തുകാരുണ്യമൂർത്തി ജഗത്പ്രാണനന്ദനൻ വായുപുത്രനായ ഹനുമാനെ നോക്കി മന്ദഹാസുമ്പുണ്ട് സീതയോടും ചെയ്തു ഹനുമാനെ മഹാബ്രഹ്മജ്ഞാനി ആയിട്ടാണ് ശ്രീരാമൻ കാണുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഹനുമാനെന്ന് കേട്ടാലൊരു മഹാഭക്തൻ എന്നുള്ളതിൽ കവിഞ്ഞ് ഹനുമാനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല ഞാനീ രാമായണം പലതവണ വായിച്ചവരോട് ചോദിച്ചു നോക്കി ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല ഈ അങ്ങനെ ഹനുമാന മഹാബ്രഹ്മജ്ഞാനിയായിട്ട് രാമായണത്തെ ചിത്രീകരിക്കുന്നുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത് ചിത്രീകരിക്കുന്നുണ്ടോ നോക്കാൻ നോക്കുക ആരാ ചിത്രീകരിക്കുന്നത് ഞാനോ നിങ്ങളോ ആണോ ശ്രീരാമൻ തന്നെ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞ് ഒന്നിലും ഇവന് ഒരു നേരമാശയുമില്ലയല്ലോ സീതെ നമ്മുടെ കാൽക്കൽ കുമ്പിട്ട് നിൽക്കുന്ന ഈ ജഗത്പ്രാണനന്ദനെന്ന് ഒരൊറ്റയാഗ്രഹമേ ഉള്ളൂ പരമാത്മജ്ഞാനം ബ്രഹ്മജ്ഞാനം കിട്ടണം ഈ ദൃഢമായ ലക്ഷ്യബോധമാണ് ഒരാളിനെ സത്യത്തിലെത്തിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ സത്യം ശാസ്ത്രീയമായി ശാശ്വതമായി തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് കിട്ടണം അല്ലാതെ എനിക്കതുമതി ഇതുമതി എന്നൊക്കെ പറഞ്ഞ് ഈ പരമമായ സത്യത്തെ ധിക്കരിച്ചാൽ ഭാരതത്തിൽ വന്ന് ജനിച്ച ജീവിതം വ്യർത്ഥമായി പോവും തന്നെ നിർമ്മലൻ ഇവന് പരമാത്മജ്ഞാനത്തെ ഒന്നിലും ഒരു നേരം ആശയുമില്ലയല്ലോ നിർമ്മലൻ ആത്മജ്ഞാനത്തിൻ ഇവൻ പാത്രമത്രേ ബ്രഹ്മജ്ഞാനത്തിനിവൻ യോഗ്യനാണ് നിർമ്മമൻ നിത്യ ബ്രഹ്മചാരികളിൽ ചാരികൾ മുൻപനല്ലോ കന്മഷം ഇവനേതുല്ലെന്ന് ധരിച്ചാലും കന്മഷം എന്നു വച്ചാൽ രണ്ടെന്ന ചിന്ത ഇവൻ്റെ ഉള്ളിലില്ല തൻ മനോരഥത്വം നീ നൽകണം അതുകൊണ്ട് സീതേ ഇവന് ബ്രഹ്മത്വം ഉപദേശിക്കണം ബ്രഹ്മജ്ഞാനം ഉപദേശിക്കണം തൻ മനോരഥത്തെ നീ നൽകണം മടിയാതെ നമ്മുടെ തത്വം ഇവൻ ഇപ്പോൾ എല്ലാ ബ്രഹ്മജ്ഞാനം നമ്മുടെ രണ്ടുപേരുടെയും അതെ അതാണ് ശ്രീരാമനെയും സീതയെയും അവതാരമാക്കി തീർക്കുന്ന ഘടകമേത വ്യക്തമായ ബ്രഹ്മജ്ഞാനം നമ്മളൊക്കെ ബ്രഹ്മണം പക്ഷെ ചിലർ പിന്നെ അവതാരപുരുഷന്മാരാകുന്നതോ അതോ ഞാൻ ബ്രഹ്മമാണെന്ന് റിയുന്നവർ മറ്റുള്ളവരുടെ മുമ്പിൽ അവതാരപുരുഷന്മാരായി മാറുന്നു അത്രയുള്ളൂ അല്ലാതെ ബ്രഹ്മത്തിനവതരിക്കാനൊക്കില്ല ചാനങ്ങാനൊക്കില്ലേ നിശ്ചലം നിശ്ചലമായ ബോധം അദ്ദേഹം എങ്ങനെ ജനിക്കും എന്തിനു ജനിക്കും ആനന്ദസ്വരൂപം അദ്ദേഹത്തിന് ജനിച്ചിട്ടൊന്നും നേടാനില്ല അതുകൊണ്ട് ്രഹ്മത്തിനൊരിക്കലും അവതരിക്കാനും ഒക്കില്ല അപ്പോൾ എന്താ സാറി അവതാരത്തെ ഒക്കെ നിഷേധിക്കുകയാണോ ഞാനല്ല അങ്ങനെ നമുക്കാർക്കും നിഷേധിക്കാൻ ഒക്കില്ല പിന്നെയോ ശ്രീരാമൻ നിഷേധിക്കുന്നു കൗസല്യ നിഷേധിക്കുന്നു കന്മഷബിപനെ ഏതുമില്ലെന്ന് സരിച്ചാലും തൻ മനോരഥത്വ നൽകണം മടിയാതെ നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ എന്താ നമ്മുടെ തത്വം നമ്മൾ ജനിച്ചിട്ടില്ല നമ്മൾ ബ്രഹ്മമാണ് സീതയെ നീയും ഞാനും ബ്രഹ്മമാണ് നമ്മൾ ജനിച്ചിട്ടില്ല ഇവിടെ ഒരു ദശരഥനും ഒരു മകനും ഉണ്ടായിട്ടില്ല ജനകൻ ഒരു സീത മകളായി ജനിച്ചിട്ടില്ല നീ ഇതവനൊന്ന് പറഞ്ഞു കൊടുക്കണം നമ്മുടെ തത്വം ഇവൻ അറിയിക്കേണം ഇപ്പോൾ ചിന്മയെ ജഗന്മയെ സന്മയെ െ ഈ സംബോധനകൾക്ക് എന്താ അർത്ഥം നീ ബ്രഹ്മമാണ് ചിന്മയെ ബോധസ്വരൂപിണീ എന്നാണ് അർത്ഥം ചിന്മയെ ജഗന്മയെ ഈ ജഗത്തായി കാണുന്നത് മുഴുവൻ നീയാണ് സീതയെ എന്താ ഇത് ശ്രീരാമൻ സീതയെ സംബോധന ചെയ്യുകയല്ലേ ജഗന്മയെന്നു വച്ചാൽ എന്താ അർത്ഥം ഈ ജഗത്തായി കാണുന്നതൊക്കെ നീ അതായത് ബ്രഹ്മം സൺമയെ ഉണ്മ സ്വരൂപമായിട്ടുള്ളവൾ സൺമയെ ബ്രഹ്മം പിന്നെ അവിടെ സ്ത്രീലിംഗശം പ്രയോഗിച്ചിരിക്കുന്നതോ എന്നായിരിക്കും ചിലർ ഉടനെ സംശയം പുറപ്പെടുന്നത് പറയും നടത്തും സ്ത്രീലിംഗശ്ദമോ പുല്ലിംഗശ്ദമോ എന്തുമാരട്ടെ പറഞ്ഞു പോയാൽ കുറവ് സംഭവിക്കും അതൊന്നും നോക്കണ്ട ഈ ശബ്ദങ്ങളുടെയൊക്കെ അർത്ഥം നോക്കിയാൽ മതി മായാമയേ മായാമയനാണ് പരമാത്മാവ് മായകൊണ്ട് ഈ പ്രപഞ്ചത്തെ ഉണ്ടെന്ന് തോന്നിക്കുന്നു ഇക്കാര്യം സീത തന്നെ ഇതാ പറയാൻ പോകുന്നു ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രം ഇവൻ ഈ ഹനുമാൻ ബ്രഹ്മോപദേശത്തിന് ഇതുപോലെ യോഗ്യനായ ഒരു ശിഷ്യനെ സീതയെ ഇനി കിട്ടാനൊക്കില്ല അതുകൊണ്ട് നീ അതിവേഗം അവനിത് ഉപദേശിക്കൂ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനടോ ബ്രഹ്മജ്ഞാനം ആഗ്രഹിക്കുന്നവരിൽ ഉത്തമോത്തമനാണ് ഹനുമാൻ ഹനുമാൻ എന്ന് കേട്ടാൽ ഭക്തൻ ഭക്തൻ പക്ഷെ എന്താ ഭക്തി ബ്രഹ്മജ്ഞാനമാണ് ഭക്തിയുടെ പാരമ്യം പരാഭക്തിയും ബ്രഹ്മജ്ഞാനവും ഒന്ന് ബ്രഹ്മമായി തീർന്ന ആളിൻ്റെ ഈശ്വരബോധമാണ് പരാഭക്തി ആരാ പറയുന്നത് കൃഷ്ണൻ ബ്രഹ്മഭൂത പ്രസന്നാത്മാ നശോചതി നാംക്ഷതി സമസർവേഷു ഭൂതേഷു മത്ഭക്തി ലഭത്തെ പരാ ഞാൻ അതൊക്കെ വളരെ വിസ്തരിച്ച് മുമ്പോട്ട് പോകുന്നില്ല അങ്ങനെയായാൽ നമുക്ക് രാമായണം വായിച്ചു മുന്നോട്ട് പോകാൻ പറ്റാതാകും ചുരുക്കത്തിൽ ഇത് ഓർമ്മിക്കുക സർവം ഈശ്വരമയമായി കാണുന്ന കാഴ്ചയാണ് ഭക്തി പരാഭക്തി അല്ലാതെ ഏതെങ്കിലും നാമം ഉച്ചത്തിൽ വിളിച്ച് അതൊക്കെ നല്ലത് ഒന്നും വേണ്ടെന്ന് പറയുന്നില്ല ഏതെങ്കിലും ഒരു രൂപത്തെ ഫലിക്കുന്നതോ അതിനൊക്കെ സ്ഥാനമുണ്ട് രാമായണത്തെ ആസ്പദമാക്കി തന്നെ നമ്മൾ അതൊക്കെ ചർച്ച ചെയ്യും സഗുണഭക്തി നിർഗുണഭക്തി വിരാട് രൂപോപാസന ഭാവാദ്വൈതം ഇതൊക്കെ ഉണ്ട് രാമ രാമായണത്തിൽ അതിനൊക്കെ സ്ഥാനമുണ്ട് പക്ഷെ അതാണ് സർവവും അതിനപ്പുറം ഒന്നുമില്ല എന്ന് രാമായണം വായിക്കുന്നവർ ധരിച്ചു പോയാൽ അത് രാമായണത്തോട് തന്നെ ചെയ്യുന്ന വലിയൊരു കുറ്റമായിത്തീരും അതുകൊണ്ട് ബ്രഹ്മോപദേശത്തിനു തുളമ്പാത്രമിപൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനടോ ശ്രീരാമദേവനേവം അരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ച് അരുളിച്ചെയ്തു ദേവി സീത കുറച്ചുകൂടെ അടുക്കലേക്ക് വിളിച്ചു ഹനുമാനെ വീരന്മാരുടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദഭക്തപ്രവരാ കേട്ടാലും നീ നീ മഹാഭക്തനാണ് കേൾക്കൂ അരാ ശ്രീരാമൻ സച്ചിദാനന്ദമേകം അദ്വയം പര ബ്രഹ്മം എന്താ ഞാൻ ഇതിൻ്റെ അർത്ഥമൊക്കെ പറയണോ എന്നെ സച്ചിദാനന്ദം സത്ത് ചിത്ത് ആനന്ദം ഉണ്മ ബോധം ആനന്ദം ഇവ മൂന്നുമാണ് ബ്രഹ്മസ്വരൂപം ഏകം അതൊന്നേ ഉള്ളൂ അദ്വയം അവിടെ രണ്ടില്ല ഇതൊക്കെ ഉപനിഷത്താണേ ഉപനിഷത്ത് പറയുന്നു സദൈവ സൗമ്യ ഇതമഗ്ര അഗ്ര ആസീ ഏകം ഏവ അദ്വിതീയം ഒന്ന് ഒന്ന് ഒന്ന് മാത്രം രണ്ടില്ല എല്ലാ ഭേദചിന്തയും നിഷേധിക്കുകയാണ് സച്ചിദാനന്ദമേകം നിശ്ചലം ആ ബ്രഹ്മം നിശ്ചലമാണ് നിശ്ചലമായ ബ്രഹ്മം ജനിച്ചെന്നോ ഒരിക്കലും സാധ്യമല്ല പിന്നെ ജനിച്ചതായി തോന്നിയത് വെറും മായ കൃഷ്ണൻ പറയുന്നു മായ കൊണ്ട് ഞാൻ ജനിച്ചതായി തോന്നിച്ചു നിശ്ചലം സർവോപാധി വിനിർമുക്തം നാമരൂപങ്ങളൊന്നും അവിടെ സാധ്യമല്ല സത്ത മാത്രം ഉണ്മ മാത്രം ഉണ്ട് എന്ന അനുഭവം മാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാ ഒരു വസ്തു പുറമേ നോക്കിയ ആർക്കും ആ സത്യത്തെ തീരുമാനിക്കാൻ സാധ്യമല്ല നിശ്ചയിച്ചാരുമുള്ളിൽ ശ്രീരാമദേവനെ നീ അല്ലയോ ഹനുമാൻ ശ്രീരാമദേവനെ നീ ആ രീതിയിൽ ധരിച്ചുള്ളൂ നിർമ്മലം നിരഞ്ജനം നിരഞ്ജനം ഴുക്കും അവിടെ പറ്റിയിട്ടില്ല നിർഗുണം അവിടെ ഭൗതിക വസ്തുക്കൾക്ക് കാണുന്ന യാതൊരു ഗുണവും അവിടെ സാധ്യമല്ല വെളുപ്പ് ചുവപ്പ് അല്ലെങ്കിൽ സത്വം രജസ തമസ് ഇതൊന്നും അവിടെ സാധ്യമല്ല നിർവികാരം ഒരു മാറ്റവും ആ സത്യത്തിനില്ല മാറ്റമൊക്കെ മായ തോന്നിക്കുന്ന മായ അതുകൊണ്ട് എന്താ വേണ്ടത് എല്ലാ മാറ്റങ്ങളും ഉണ്ടെന്ന് തോന്നട്ടെ പക്ഷേ ഭഗവാൻ മാത്രം കഴിയുമെങ്കിൽ അത് ശീലിക്കുക സർവം ബ്രഹ്മമയം എന്താ പ്രയാസം കാണുന്നതൊക്കെ ബ്രഹ്മമാണെന്ന് ഈ തത്വം ഗ്രഹിച്ചു മനസ്സിനെ പഠിപ്പിക്കുക സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം എപ്പോഴും ആനന്ദം ജന്മനാശാദികൾ ഇല്ലാതൊരു വസ്തു സീതഭർത്താവിനെക്കുറിച്ച് പറയുകയാണ് ഇപ്പം നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ശ്രീരാമനെ സ്വന്തം ഭർത്താവിനെക്കുറിച്ച് എടോ ഹനുമാരേ ജന്മനാശാദികൾ ഇല്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ അപ്പോൾ ഹനുമാൻ ചോദിക്കുമോ അപ്പോൾ പിന്നെ അമ്മേ അമ്മയുടെ അടുത്തിരിക്കുന്ന ഈ ശ്രീരാമൻ ദശരഥമായി ജനിച്ചു ഏ ഒന്നും ജനിച്ചിട്ടില്ല അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിൻ്റെ മായാഭ്രമം ഇതൊക്കെ ദേവി തന്നെ പറയുകയല്ലേ ജന്മനാശാദികൾ ഇല്ല അതൊരു വസ്തു പരബ്രഹ്മം ീ ശ്രീരാമനെന്ന് അറിഞ്ഞുകൊണ്ടാലും നീ നീ അത് അക്കാര്യം നല്ലവണ്ണം ധരിച്ചോളൂ സർവകാരണം ഞാനല്പം ദേഹം വായിച്ചുപോകാം ഇനി നിങ്ങൾക്ക് എല്ലാം പിടികിട്ടും സർവകാരണം സർവവ്യാപിനം സർവാത്മാനം എല്ലാമായിട്ടിരിക്കുന്നു സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവതം സർവാധാരം ഇതിനപ്പുറം ഇനി ഒന്നും പറയാനില്ല സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും അങ്ങനെയുള്ളവനാണ് രാമദേവൻ എടോ ഹനുവൻ അതുപോരല്ലോ എന്നുടെ തത്വമിനി ചൊല്ലിയിടാവണ്ണം ഞാൻ എൻ്റെ തത്വം നിനക്ക് പറഞ്ഞു എന്താ രാമതത്വം ഗ്രഹിച്ചല്ലോ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ രാമായണത്തെ ആസ്പദമാക്കി തന്നെ ഇതിൻ്റെ ഒക്കെ ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മയ ജീവൻ എന്താണ് എന്നും ശ്രീരാമൻ ഇത് വ്യക്തമായി ഹനുമാൻ വിവരിച്ചു കൊടുക്കാൻ പോകുന്നു ദേവി സ്വന്തം എന്താണെന്ന് ഇതാ വിവരിക്കുന്നു അതൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കുറേശ ചർച്ച ചെയ്യാം ഒന്നും പേടിക്കാനില്ല ഇതിഹാസഗ്രഹണങ്ങളുടെ ഒക്കെ പരമലക്ഷ്യം ബ്രഹ്മസത്യം ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒക്കെ ഈശ്വരമയം പറ്റുമെങ്കിൽ എന്തു വില കൊടുത്തും ഈശാവാസമിതം സർവം എന്നത് കുറേശ് കുറേശ്ശോ ഉറപ്പിക്കുക മറ്റൊന്നും വേണ്ട ഉള്ളിലെ ഭേദ ചിന്തകളും രാഗദ്വേഷങ്ങളും കുറയ്ക്കുക ഈ രാമായണ പഠനം നമുക്കതിന് ഉപകരിക്കുമാറാകട്ടെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കണ്ട നമ്മളിത് തുടങ്ങിയ ഇപ്പോൾ അല്പ ചില മഴത്തുള്ളികളൊക്കെ ഇവിടെ വീഴാൻ തുടങ്ങിയേ ആ ഇല്ല ഞാൻ അങ്ങനെ നിങ്ങളെ കുഴപ്പത്തിലാക്കില്ല എന്നിതാ ഭഗവാൻ തെളിയിച്ചിരിക്കുന്നു രാമായണം വ്യക്തമായി വിശേഷിച്ചും അധ്യാത്മരാമായണം വ്യക്തമായി ധരിക്കുക അതിന് ഈ പത്ത് രാമായണ ചർച്ച ഉപകരിക്കുമാറാകട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പ്രണാമം